ജാനതിമേരാന്ധ്യ ജ്ഞാജന ശുരുമീലിതേന തസ്മൈ ശ്രീഗുരവ ശ്രീമദ്ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം ഒന്ന് ശ്ലോകം ഒന്ന് വ്യാസദേവന്റെ പ്രാർത്ഥന ഓ നമോ ഭഗവതേവാ ജന്മാന്വി തരദാർവിജ്ഞസ്വരാ തേബ്രഹ്മഹൃദായ കവേ മുഹ്യന്തിയത് സൂരയ ൃാ യഥാ വിമയോ എത്ര സർഗോ മൃഷാധാസ്വേന സദാ നിരസ്തുഹകം സത്യം പരം ധീമഹീ വിവർത്തനം അല്ലയോ വസുദേവസുധനായ എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ ഞാൻ അങ്ങേക്ക് ഭക്തി നിർഭരവും ആദരപൂർവകവുമായ ഉപചാരമർപ്പിക്കുന്നു സ്പഷ്ടപ്രപഞ്ചത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെയും ആദി കാരണഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ സത്യമാകുന്നു പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ എല്ലാറ്റിനെയും കുറിച്ച് ഭഗവാന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല ഭഗവാൻ ഉപരിയായി യാതൊന്നുമില്ലാത്തതിനാൽ ഭഗവാൻ സർവസ്വതന്ത്രനുമാകുന്നു യഥാർത്ഥ ജീവാത്മാവായ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായി വേദജ്ഞാനം നിവേശിപ്പിച്ചതും ഭഗവാനാകുന്നു അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തവരായവരെ പോലെ സമതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ ദേവന്മാർ എന്നിവർ പോലും ഭഗവാന്റെ മായയിൽ വ്യാമോഹിതരായിത്തീരുന്നു പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രത്യാഘാതം നിമിത്തം പ്രത്യക്ഷമായ ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം വാസ്തവമാണെന്ന തോന്നലിന് കാരണവും അങ്ങ് തന്നെ ഭൗതിക ലോകത്തിൻ്റെ മായയിൽ നിന്നും നിത്യവിമുക്തമായ ആത്മീയധാമത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാശ്വതനായി നിലകൊള്ളുന്നതിനാൽ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നു ശ്രീകൃഷ്ണ परम सत्य मागयाल, सत्यूर्ण सत्य मागयाल, भगवाने सादर प्रणम हरे कृष्ण हरे कृष्ण कृष्ण कृष्ण हरे हरे हरे रामा हरे रामा ഹരിോ <Rama>, തത്സ